ഒരു ഷോർട്ട് ഫോമിൽ സി എഫ് എന്നാ പറയുക ഈ സാധനത്തിന്റെ ചെകിളയ്ക്ക് നിറം മാറിയാൽ നിറം മങ്ങിയാൽ അത് കേടായതുകൊണ്ടാണ് അപ്പൊ ഈ കടലിലെ ജീവികളെ എടുത്താൽ കരയിലുള്ള ജീവികളെ എടുത്താൽ സസ്യങ്ങളെ എടുത്താൽ ഇവയിലെല്ലാം പ്രകൃതിയുടെ ആന്തോളനങ്ങൾ ഒട്ടേറെ പരിണാമങ്ങളുണ്ടാവും ഇതിൽ കൃത്യമായി അറിഞ്ഞിരുന്നു കാർഷിക വിദ്യാഭ്യാസ വികാസവും വൈദ്യ വിദ്യാഭ്യാസ വികാസവും ശാസ്ത്ര വിദ്യാഭ്യാസ വികാസവും ഇല്ലാതിരുന്ന കാലങ്ങളിൽ അത് മനസ്സിലായില്ല അപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ട് നിനക്ക് ആർക്കും അറിയില്ല മുൻകാലങ്ങളിലെ മത്സ്യം ഉപയോഗിച്ചാലും മാംസം ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ആ കാലത്തെ ജനതയ്ക്ക് അറിയാമായിരുന്നു നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള കുടുംബങ്ങളിലായാലും വെജിറ്റേറിയൻ ആയിട്ടുള്ള കുടുംബങ്ങളിലായാലും പ്രകൃതിയിലെ പരിണാമങ്ങൾ അവയിലൊക്കെ എന്തെന്തോ മാറ്റം ഉണ്ടാക്കുമെന്ന് കൃത്യമായി അറിയുമായിരുന്നു അവരുടെ വിദ്യാഭ്യാസം നയിച്ചിരുന്നത് സ്കൂളുകളുമായിരുന്നില്ല നഴ്സറികളുമായിരുന്നില്ല ഒരു അത്ഭുതമെങ്കിലും തോന്നുന്നില്ലേ എത്രയോധികം പുസ്തകങ്ങളാണ് നിങ്ങൾ വായിച്ചത് എത്ര തീസിസാണ് കാണാൻ പഠിച്ചത് എത്ര പരീക്ഷകളാണ് എഴുതുന്നത് എത്ര ഡിഗ്രിയാണ് നിരത്തി എഴുതാനുള്ളത് തന്തയ്ക്കും തള്ളയ്ക്കും അതൊന്നുമില്ലാതെ വിവരമുണ്ടായിരുന്നു നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട് വിവരമില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നില്ലേ എൻ്റെ പ്രയോഗങ്ങൾ കടന്നു ശരിയല്ല ഏ പ്രയോഗങ്ങൾ അല്പം ടന്നു പോകുന്നില്ലേ ന്യായമായ ന്യായമായതേ പറയുന്നുള്ളൂ കാര്യമാണ് അല്ലേ വന്ന് പുനർവസ്തുവാത്രൊക്കെ സസ്യങ്ങളെ നോക്കി എങ്ങനെയാണ് ഇത് കണക്കാക്കിയത് പ്രകൃതിയുടെ പരിണാമഭേദങ്ങൾക്കനുസരിച്ച് വരുന്ന മാറ്റം വ്യാപരണ ഇതു ഘൃതങ്ങൾ അവ്യാപരണ ആപത്തുളവാക്കുന്ന ഋതുക്കളാൽ കൃതങ്ങളായവ ചെയ്തു കൂട്ടുന്നവ ആപത്തില്ലാത്ത ഋതുവിനാൽ ചെയ്തു കൂട്ടുന്നവ രണ്ടു തരം ഋതുവാണ് ഋതു ആപത്തുളവാക്കുന്നതാകുന്നത് തെറ്റി വരുമ്പോഴാണ് ഋതു ആപത്തുളവാക്കുന്നത് അത് വിദ്യായോഗ സങ്കല്പങ്ങളിൽ വരുമ്പോഴാണ് അതിയോഗങ്ങളിൽ ന്യൂനയോഗങ്ങളിൽ സംഭവിക്കുമ്പോഴാണ് ഋതുവിന്റെ അതിയോഗങ്ങളും ഋതുവിന്റെ ന്യൂനയോഗങ്ങളും അടങ്ങുന്ന നിത്യായോഗങ്ങളിൽ സമയോഗമല്ലാത്തപ്പോൾ വരുന്ന പരിണാമങ്ങൾ അകാലത്തിലെ മഴ അകാലത്തിലെ മഞ്ഞ് അകാലത്തിലെ വെയിൽ സത്യങ്ങളുടെ ജനുസുകളെ തന്നെ ചിലപ്പോൾ പ്രകൃതിയിൽ നിന്നില്ലാതാക്കും ഒരു മഴ പെയ്യുമ്പോ മനുഷ്യൻ വിത്തിട്ടവയല്ലാത്ത എല്ലാ വിത്തുകളും മുളയ്ക്കും മനസ്സിലായില്ല മഴ വരുന്നു കണ്ട എല്ലാം ഉളയ്ക്കും കിളത്ത് കഴിയുമ്പോഴേക്ക് വേരുണ്ടാവുമ്പോ എല്ലാം ഉരുങ്ങി പോകും അവയുടെ വംശനാശം സംഭവിക്കുകയാണ് ആ വ്യാപരണ എറുന്നതിനാണ് പല സത്യങ്ങളും അതോടുകൂടി തന്നെ നാമാവൽ ശേഷമാവും പിന്നലും വരുമ്പോൾ പുതിയ ജനസുകൾ രൂപാന്തരപ്പെടും അപ്പൊ ഇവയെ കുറിച്ചൊക്കെയുള്ള അവരുടെ പഠനങ്ങൾ അപ്പൊ രോഗങ്ങളിൽ വ്യാപനങ്ങളും അവ്യാപനങ്ങളുമായ ഋതു പങ്കുവഹിച്ചു രോഗങ്ങളുണ്ടാവും ഒരു ഋതുവിൽ നിന്ന് വേറൊരു ഋതുവിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ഋതു നിലനിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു ഇരുതു നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ രാവിലെ എറണാകുളത്ത് നിന്ന് മധുര എക്സ്പ്രസ്സിൽ കയറിയിരിക്കുന്ന ഒരുവൻ മധുര എക്സ്പ്രസ് എറണാകുളത്ത് നിന്ന് വിട്ട് പൊൻകുന്നം കഴിയുമ്പോൾ ചെറിയൊരു പരിണാമം അവന്റെ ബി ഉണ്ടാവും അവന്റെ ഹൃദയസ്പന്ദനത്തിൽ ചെറിയ മാറ്റം വരും ആരോഗ്യമുള്ളവർ തിരിച്ചറിഞ്ഞില്ല ആരോഗ്യമില്ലാത്തവർ അല്പം തിരിച്ചറിഞ്ഞു അത് മുണ്ടക്കയം കഴിഞ്ഞ് കുട്ടിക്കാനും കയറ്റം കയറുമ്പോൾ അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടിയിലിരിക്കുന്നവൻ കോട്ടയത്തിന് താഴെ തുടങ്ങിയ ഇറതുപരിണാമത്തിൽ നിന്ന് കുട്ടിക്കാലത്തിന് മുകളിലെ ഇറതുപരിണാമത്തിലേക്ക് അറുപത് കിലോമീറ്റർ സ്പീഡിൽ വേണം അവന്റെ മസ്തിഷ്കത്തെയും ഇന്ദ്രിയത്തെയും അവൻ്റെ ഹൃദയത്തെയും എല്ലാം പരിണമിപ്പിക്കാൻ അതിന് ഹൃദയം വിസമ്മതിച്ചാൽ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ഒരു രോഗിയായാണ് അവൻ തിരിച്ചെത്തുന്നത് എന്നിട്ട് നാട്ടുകാരെ മുഴുവനും പല കൊതുകിനെയോ പഴുകാരെയോ മുഴുവനും തെറിവിളിച്ച് നടന്നിട്ട് ഒരു കാര്യം മനസ്സിലായില്ല വിഷഖവരൻ സമർഥനാണെങ്കിൽ ആ സ്പന്ദനത്തിന്റെ മാറ്റങ്ങൾ ബ്രാഡി മറ്റും കാണുമ്പോൾ അവൻ ചോദിക്കും യാത്രയുണ്ടായിരുന്നു അടുത്തിടെ എവിടെ നിന്ന് എങ്ങോട്ടാണ് പോയത് കോഴിക്കോട്ട് നിന്ന് കൽപ്പറ്റയിലേത് കയറിയോ ഒൻപത് ചുരങ്ങൾ മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ ഒരു വണ്ടി ഓടിക്കേറുമ്പോൾ അറുപത് കിലോമീറ്റർ സ്പീഡിൽ ഒരു കാറ് ക്വാളി ഓടിക്കേറുമ്പോൾ ആ ഓടിക്കേറുന്ന സ്പീഡിൽ നിന്റെ ഈ പ്രായത്തിൽ ഈ ഹൃദയം അതേ വേഗതയിൽ ആ രണ്ട് കാലാവസ്ഥകളോട് സംവദിക്കാൻ വിസമ്മതിക്കുമ്പോൾ അതിന്റെ പരിണാമ ശൃംഖലയ്ക്ക് ഇപ്പുറത്തു നിന്ന് നിർത്തി വണ്ടിക്ക് ക്ഷീണം വന്നതിന് വെള്ളമൊഴിക്കുന്ന കാലങ്ങളിൽ വണ്ടിയുടെ ക്ഷീണം മാറ്റുന്ന എഞ്ചിനുകൾ കണ്ടെത്തുകയും ചൂടാകാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിനുപോലും നിർത്താതെ ഓടിച്ചു പോകുമ്പോൾ അത്രയും തിരക്കുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്ന രോഗങ്ങൾ വ്യാപന അവ്യാപന ഋതുഹൃതങ്ങളുടെ പട്ടികയിൽ വളരെ വിപുലമാണ് മനസ്സിലായില്ല ഈ പോകുന്നവൻ എം ഡി എം ഡി കാർഡിയോളജിസ്റ്റാണ് പറഞ്ഞിട്ട് കാര്യമില്ല വിദ്യാഭ്യാസം ബോർഡ് വെക്കാൻ മാത്രമേ കൊണ്ടുകൊള്ളൂ എറണാകുളത്ത് സമുദ്രനിരപ്പിൽ നിന്ന് റെഡിയാ ആറ് ആ പത്ത് പിടിച്ചു പത്തടിയിൽ നിന്ന് സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരം എണ്ണായിരം അടി ഉയരമുള്ള ഊട്ടിയിലേക്ക് എണ്ണായിരം അടി ഉയരം വരുന്ന ഊട്ടിയിലേക്ക് എറണാകുളത്തു നിന്ന് ഒരുവൻ എത്ര മണിക്കൂറുണ്ടി ആ എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂറും ഉണ്ട് ഊട്ടിയിൽ പാലക്കാട് ആ ചുരം കേറി ഊട്ടിയിൽ കുനൂർ എത്തിക്കഴിയുമ്പോൾ ശാസ്ത്രത്തിന്റെ ഗവേഷണവും ശാസ്ത്രം തന്ന വാഹനങ്ങളും ശാസ്ത്രം സമ്പാദിച്ചു തന്ന നേട്ടങ്ങളും ഒക്കെ അഭിമാനിക്കുമ്പോൾ ശാസ്ത്രം അക്കൂടെ തൻ്റെ ഹൃദയത്തിന്റെ ഭിത്തികളിൽ ഉണ്ടാക്കിയ പരിണാമങ്ങൾ അവൻ മറന്നുപോകും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂ എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം വ്യാപന ഋതുകൃതങ്ങളും അവ്യാപന ഋതുഘൃതങ്ങളുമായ ഒട്ടേറെ രോഗങ്ങൾ ദൈവബല പ്രവൃത്ത ആദി ദൈവികത്തിലെ കാലബല പ്രവൃത്തത്തിൽ വരുന്നതാണ് കാലം ഭൗതികമായ ഒരു സജ്ജയ്ക്കുള്ളിൽ ഒതുങ്ങുന്നില്ല അതുകൊണ്ട് അതിനെയെല്ലാം ധാതുവിനോട് ചേർത്ത് വെച്ച് പഠിപ്പിച്ചാണ് അവർ പഠിപ്പിക്കുന്നത് അതിൽ തന്നെ ഒന്നാണ് ആദി ദൈവിക ദുഃഖങ്ങളിൽ പ്രധാനമാണ് ദൈവബല അത് രണ്ടാണ് വിദ്യുദ്ദശനാധികൃതങ്ങൾ ഒക്കെ എടുക്കാൻ തോന്നുന്നു ഇല്ല മിന്നൽ തുടങ്ങിയ അവയാൽ പിടിക്കപ്പെട്ടത് അവ ദംശിച്ച് മിന്നൽ ദംശിച്ച് വിദ്യുദ്ദശനാധികൃതങ്ങൾ അത് സ്ത്രീസൂക്തവും മറ്റും പഠിച്ചാൽ പറയും ദുഷ്ടനിഗ്രഹവും പുതിയ ബീജങ്ങളെ ഉണ്ടാക്കലും മിന്നലിന്റെയാണ് പൂർവ കർമ്മങ്ങൾ കിടക്കുമ്പോൾ ഇന്ന് കുഴപ്പമുണ്ട് നമ്മള് മഹാന്മാരെ ആദ്യം നിശ്ചയിച്ചു വെക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അത് മഹത്വത്തിന്റെ പട്ടികയിൽപ്പെടുത്തേണ്ടി വരുമ്പോൾ വളരെ പ്രയാസമാണ് ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ സ്വാമി ആരെ മിന്നൽ നക്കിയാൽ മനസ്സിലായില്ല സ്വാമിയുടെ പൂർവ്വജന്മകൃതമായ പാപം കൊണ്ട് തന്നെയാണ് സംശ കർമ്മത്തിന് മറ്റൊന്നുമില്ല ഈ ജന്മത്തിൽ ചെയ്തിട്ടില്ലായിരിക്കാം ജന്മജന്മാന്തരങ്ങളുടെ രേഖകൾ കിടക്കുന്ന ജനിതകത്തിൽ അതിനെ ആ ഇങ്ങോട്ട് ആകർഷിച്ചു വരുത്തി സ്വീകരിക്കുകയാണ് അതുകൊണ്ട് അറിയുന്ന മോചനമൊന്നുമില്ല അതിനു പകരം ഞാൻ ബഹുമാനിക്കുന്ന സ്വാമിയാണ് ഇഷ്ടപ്പെടുന്ന സ്വാമിയാണ് വേറൊരുത്തൻ അപകടത്തിൽ പെടാതിരിക്കാൻ സ്വാമി ഇരിങ്ങോട്ട് ഏറ്റുവാങ്ങിയതാണെന്നൊക്കെ ഭക്തൻ അത്ഭുതങ്ങളിൽ പറയുമ്പോ തട്ടിപ്പണ സ്വാമി കാരണം ജീവൻ ജീവനിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് അതിന്റെ വ്യവഹാരങ്ങളിലാണ് അത് വ്യത്യസ്തമാകുന്നത് കൊണ്ടാണ് നാമരൂപാങ്കിതമായി വേറെ വേറെയാകുന്നത് അല്ലെങ്കിൽ ഈശ്വരനാണ് ശരീരമില്ലാതെ അവിടെ ഇരുന്നാൽ മതിയായിരുന്നു ശരീരമെടുക്കുകയും അച്ഛനമ്മമാർക്ക് ജനിക്കുകയും അതിൽ നാമങ്ങൾ ഉണ്ടാവുകയും രൂപങ്ങൾ ഉണ്ടാവുകയും അതിൽ വാക്കുകൾ ഉദ്ധരിക്കുകയും ആഹാരം കഴിക്കുകയും മലമൂത്രാതി വിസർജനം ചെയ്യുകയും ചെയ്യുന്നു എങ്കിൽ മനുഷ്യർ തന്നെയാണ് അതിൽ കർമ്മങ്ങളുണ്ട് അതിൽ പാപങ്ങളുണ്ട് പുണ്യങ്ങളുണ്ട് കുഴഞ്ഞു കാണുമെന്നെനിക്ക് തോന്നുന്നു നല്ലോലെ കുഴഞ്ഞു എന്നെനിക്ക് തോന്നി ഇതൊക്കെ പഠിച്ചിട്ടില്ലാത്തവർക്ക് കളിപ്പൊക്കെ പറ്റാം പക്ഷെ ശാസ്ത്രം പഠിച്ചു നോക്കണം ആദി ദൈവീക ദുഃഖങ്ങളിൽ ദൈവബല പ്രവൃത്തത്തിലൊരെണ്ണമാണ് വിദ്യു ദശനാധികൃതങ്ങൾ മിന്നലേറ്റിട്ട് വരുന്ന രോഗങ്ങൾ മിന്നലേറ്റു വരുന്ന മരണങ്ങളൊക്കെ ഒരു മിന്നൽ കൊണ്ട് കൈതടന്നു പോകാം ഒരു മിന്നൽ കൂട്ടി ചെവി കേൾക്കാതെ മൊബൈലും ഫോണും ഒക്കെ എടുത്ത് വിളിച്ചു നോക്കുക നല്ല മിന്നലുള്ളപ്പോ പഴയപോലെ മിന്നൽ കേക്കുക നോക്കുക മനസിലായില്ല ശ്രദ്ധിക്കുക അന്നേരവും വിളിക്കും മനസിലായില്ല അപ്പൊ അത് ഊരി ഇടുന്നതിന് പകരം വളരെ അത്യാവശ്യമാണ് വിളിക്കും വിളിക്കുന്ന എങ്ങനെയാ ഇവിടെ മിന്നല ഒന്നും കേൾക്കാമല്ല ഉറക്കം പറഞ്ഞോളാം അതിൽ കാരനും കേൾക്കാം ഈ രണ്ടാമത്തെ ഉറക്കം പറഞ്ഞോളാൻ പറയുന്നതിൻ്റെ കാരണം ഇവിടെ അടിച്ചു കൂട്ടിമ്പാന അങ്ങോട്ടുള്ള സെൻസറിനറു പോയി മിന്നൽ തന്നതാ ഇത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞാണ് നിന്ന് പറയുമ്പോ കേട്ടോണ്ടിരിക്കുന്നത് വലത്തുവശത്ത് നിന്ന് പറയുമ്പോ കേൾക്കുന്നില്ല വലത്തേ കൈകൊണ്ടാണ് അപ്പോൾ ഇത് പിടിച്ചത് അപ്പൊ വലത്തുവശത്ത് നിന്ന് പറഞ്ഞാൽ കേൾക്കുന്നില്ല വീട്ടുകാരൊക്കെ ചെറുതായിട്ട് നോട്ട് ചെയ്ത് തുടങ്ങി അപ്പൊ അവര് തമ്മിൽ തമ്മിൽ പറഞ്ഞു തുടങ്ങി വലത്ത ചെവി കേൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി വല്ല ഗുരുത്തക്കേടും പറയുകയാണെങ്കിൽ വലത്തുവശത്ത് നിന്ന് പറഞ്ഞാ മതി ശരിയൊന്നും നോട്ട് ചെയ്തിട്ടില്ല എവിടെയാണ് നിങ്ങൾ ജീവിക്കുന്നത് ഇത് പിള്ളേരൊക്കെ പറയും അച്ഛ താത്ത ചെവി കേൾക്കാനിന്നലെയാ കണ്ടത് എന്ന് പറയും അപ്പോ ആ ഇടത്തെ ചെവിക്ക് ആഘാതം എത്തി കഴിഞ്ഞ് പലരും പറഞ്ഞു കഴിഞ്ഞ് ശരിയാണോന്നറിയാൻ അതൊക്കെ അവനവനും പരീക്ഷിച്ചു കഴിഞ്ഞ് ഡോക്ടറെ എടുക്ക ചെല്ലും നോക്കി ആ നരവ് പോയിട്ടുണ്ട് അതിന്റെ കേടികളൊക്കെ ഉണ്ട് അതൊക്കെ കൃത്യമായി പറയും ഇനി ഇത് കുറേശെ കുറഞ്ഞു കുറഞ്ഞു വരും അതിനായി പരീക്ഷണോക്കെ കാരണം ഇവന്റെ കർമ്മകാണ്ടം അവിടെയാണ് കിടക്കുന്നത് ഇതിനാണ് വിഭ്രംശം വരാതെ അശുഭകർമ്മങ്ങളിലേക്ക് പോകാതെ കോശ കോശാന്തരങ്ങളെ സ്മൃതിയുടെ മണ്ഡപത്തിൽ സദ നിർത്തുമ്പോൾ രോഗങ്ങളുടെ ആന്തോളനങ്ങൾ മിന്നി മറയുകയല്ലാതെ ഒന്നാമത്തത് രണ്ടാമത്തത് പിശാജാതി കൃതങ്ങൾ യജുർവേദ കാലം മുതൽ ഞാൻ പറഞ്ഞായിട്ടുണ്ട് ഓർമ്മ യജുർവേദ കാലം മുതൽ സൂക്ഷ്മജീവികളെ പറ്റിയുള്ള പഠനം ഗംഭീരമാണ് അപ്പൊ അപരിസംഖ്യേയങ്ങളാണ് എണ്ണമറ്റമാണ് അപരിസംഖ്യേയങ്ങളാണ് എന്ന് പറഞ്ഞാൽ എന്നെയാൽ ഒഴിഞ്ഞില്ല അതിൽ ചെലവിനെ സ്മരിച്ചാൽ മതി പ്രത്യക്ഷപ്പെടുന്നതാണ് അവയുടെ ഉത്ഭവം നില തിരോധാനം ഇവയൊക്കെ മാനവ സങ്കല്പങ്ങൾക്ക് പോലും അതീതമാണ് അവ ശരീരവും മനസ്സും ബുദ്ധിയും അശുദ്ധമാകുമ്പോൾ ആ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവയും ൾ ദൂഷിക്കുമ്പോൾ അവയിൽ പ്രവർത്തിക്കുന്നവയും മലങ്ങൾ ദൂഷിക്കുമ്പോൾ അവയിൽ പ്രവർത്തിക്കുന്നവയും അപ്പൊ ധാതുക്കളിൽ മലങ്ങളിൽ അന്നങ്ങളിൽ ചുറ്റുപാടുകളിൽ ഒക്കെ പ്രവർത്തിക്കുന്നവയായ എപ്പോൾ അവ പ്രവർത്തിക്കും ദൂഷിക്കുമ്പോൾ മാത്രം അവ നേരിട്ടൊരിക്കലും രോഗത്തിന് കാരണമാകാത്തതുകൊണ്ട് അവയെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആഭ്യന്തരവും ബാഹ്യവുമായ ശുചിത്വം പാലിച്ചാൽ മതി എന്ന് പൂർവന്മാ നിങ്ങളുടെ ആകെ വൈദ്യശാസ്ത്രം ഈ സാധനത്തെ ശുചിപ്പറ്റി മാത്ര ഇന്ന് നിലനിർത്തുക അതുകൊണ്ടാണ് അതിന് റിസൾട്ട് ഇല്ലാതെ ാലത്തെ മാനവ പുരോഗതി ഇത്രയും കാലത്ത് ഊർജതന്ത്രവും ഇത്രയും കാലത്തെ രസതന്ത്രവും ഇത്രയും കാലം കൊണ്ട് മാനവൻ പഠിച്ച ഗണിതയുക്തികളും ഇത്രയും കാലം കൊണ്ട് അവനുണ്ടാക്കിയ സാങ്കേതിക ഉപകരണങ്ങളും ഈത്ര വർഷമായി അവൻ നേടിയെടുത്തിരിക്കുന്ന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളുമെല്ലാം ആകെ ഈ അപകടകാരികളല്ലാത്ത അശുദ്ധമാകുമ്പോൾ മാത്രം നിങ്ങളിൽ ഈ സൂക്ഷ്മോപജീവികളെ നിർമാർജനം ചെയ്യുന്നതിനുള്ള തത്ര പാടിലും തന്ത്രങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതും ആ ജീവൻ സൂക്ഷ്മമായതുകൊണ്ട് അവയെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ സൂക്ഷ്മ തലങ്ങളിലേക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ നിങ്ങളുടെ സ്ഥൂലബുദ്ധികൾക്ക് കഴിയാതെ വരുമ്പോൾ അവയെ നിർമ്മാർജ്ജനം ചെയ്യാനെന്ന വ്യാജേന നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ ജീവന്റെ സൂക്ഷ്മഭാവങ്ങളെ കലവികളെ നശിപ്പിക്കുന്നവയായി രൂപാന്തരം പ്രാപിക്കുന്ന ഔഷധങ്ങളാണ് നിങ്ങളുടെ ഒന്നാം നമ്പർ രോഗവാഹകർ നിങ്ങൾ അറിയാതെയും ഇരിക്കുന്നു മൗലികമായ ആയുർവേദം ക്ലാസ്സിക്കലായ ആയുർവേദം ഇവിടെയാണ് ഊന്നൽ നൽകുന്നത് കേൾക്കുമ്പോൾ ശരിയല്ലെന്ന് തോന്നുന്നില്ലേ ഈ വിട്ടം പഠിക്കുന്നതിൽ ലജ്ജ തോന്നുന്നില്ലേ ഞാൻ ഈ പറയുന്ന സ്വയം ചോദിച്ചിട്ട് മാത്രം ഇരിക്കെ ഞാൻ പറഞ്ഞു കൊല്ലവും മനസ്സിലായോ ആവും വിശാചങ്ങൾ രാക്ഷസങ്ങൾ ഗ്രഹങ്ങൾ ഭൂതങ്ങൾ ഇതെല്ലാം സംസ്കൃത ശബ്ദത്തിൽ വിൽപ്പത്തിയുണ്ട് അങ്ങനൊരു അപരിസംഖ്യേയങ്ങളായ എണ്ണമുണ്ട് ഇവ ഒന്നും രണ്ടുമൊന്നും അല്ല എല്ലാത്തിന്റെയും പേര് ചിലതിൻ്റെ പേര് പറഞ്ഞാൽ അവ ഇവ ഇവിടെ തന്നെ ഉണ്ടാവും ശബ്ദം കൊണ്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നവയാണെന്നാണ് വൈദികർ പറയുന്നത് വെറുതെ അവൻ്റെ പേര് വിളിച്ചാൽ മതി പിറ്റേ ദിവസം രാവിലെ വേണ്ട വിളിക്കുന്ന നിമിഷം അവൻ അവിടെ ഉൽപ്പന്നമാകുമെന്നാണ് പറയുന്നത് ശബ്ദമാണ് അവയെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ചിലതിനെ ഇമാജിൻ ഇവയൊന്നും ഭൂമിയിൽ നിന്ന് ഒരു കാലത്തും ഒരു തരത്തിലും ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത് എപ്പോൾ നിങ്ങളുടെ ആഭ്യന്തരമായ ഭാവവും ബാഹ്യമായ ഭാവവും പരിസരങ്ങളും മലീമസമാകുന്നു അവിടെ മാത്രമാണ് അവയ്ക്ക് വളരാനുള്ള ശക്തി ലഭിക്കുക അവ ഓരോന്നും രൂപപ്പെടുന്നത് അതാതിന് പറ്റിയ മീഡിയങ്ങളിലാണ് മാധ്യമങ്ങളിലാണ് മനസ്സിലായില്ല കിണർ കുഴിച്ച് വെള്ളം കണ്ടിരുന്ന് ആ വെള്ളമൊക്കെ കിടക്കുമ്പോൾ വർഷങ്ങളോളം കിണറ്റിൽ കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകളൊന്നും മൊട്ടയിടുകയോ കൊതുകുകൾ വളരുകയോ ചെയ്യുന്നത് കണ്ടിരുന്നില്ല കെട്ടി നിൽക്കുന്ന വെള്ളമാണ് കിണറ്റിലെ ക്ഷേത്രങ്ങളുടെ കുളങ്ങൾ പലരും കുടിക്കുന്നവയാണ് അവിടെയൊന്നും കൊതുക് വളരുന്നതായി കേട്ടുകേൾവിലുമില്ല അമ്പതും നൂറും കൊല്ലമായി നിങ്ങളുടെ മലവും മൂക്കവും നിങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങിയപ്പോൾ കൊതുകുകൾ കൂട്ടമായി വരാൻ തുടങ്ങി ശരിയല്ല അവ ഭൂമിയുടെ അടിയിലൂടെ തൊട്ടടുത്തുള്ള കിണറിലേക്ക് കുറവ വഴി എത്താൻ തുടങ്ങിയപ്പോൾ കിണറ്റിലും കൊതുക് വരാൻ തുടങ്ങി നിങ്ങളും നിങ്ങളുടെ പിള്ളേരും പറമ്പിലെല്ലാം തൂറിനാശമാക്കിയപ്പോൾ കൊതുക് വന്നില്ല ആരോഗ്യത്തിന്റെ പുത്തൻ പാഠങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുകയും അവയൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ടതാണെന്നും ഇനി ഒരു അവയിൽ നിന്ന് നാരുകൾ വേർതിരിച്ച് ഭക്ഷണം ഉണ്ടാക്കി ലോകം തന്നേക്കുമെന്നും അന്നിത് പ്രയോജനപ്പെടുമെന്നും പറഞ്ഞ് സൂക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ശരിയല്ല റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്തുനിന്ന് വേർതിരിച്ച് ബേബി ഫുഡൊക്കെ ഉണ്ടാക്കാൻ വൻതോതിൽ കാശ്മോടക്ക് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് പണ്ട് കുഴിച്ചിട്ട കൊടലും പണ്ടവും ഒക്കെ ഇന്ന് എന്ത് വിലയാണെന്ന് തൃപ്പൂണിത്തറയൊരു അഞ്ചു മണി കഴിഞ്ഞ് നിന്ന് നോക്കുക മാന്യന്മാർ മാരുതിയിൽ വന്ന് അടിച്ചിട്ട് പോകുന്നത് ശരിയല്ല നിങ്ങൾ ആരെയും ഞാൻ അവിടെ കണ്ടിരുന്നു ശരിയല്ല കവി അല്പം കഴിഞ്ഞാൽ പെട്ടിക്കടാനുള്ള സജീവമാവും മനസ്സിലായില്ല ഇപ്പൊ മാരുതിയും കാളി സമ്പാദത്തിലും ഒക്കെ ഭാര്യയും ഭർത്താവും പിള്ളരും ബൃങ്കണിയും ഒക്കെ ആയിട്ട് വന്ന് വന്ന് ഇറങ്ങി ബോട്ടി വാങ്ങിച്ചടിക്കുമ്പോ കാളയുടെ പശുവിന്റെ ആണെങ്കിൽ ചാണകം പൊരിച്ചാണ് അടിക്കുന്നത് ഏത് തരത്തിൽ കഴുകിയാലും ആ ചാണകം പോവില്ല ശരിയല്ല ഏ ഒന്നന്തരം അമേദ്യം പൊരിച്ചതാണ് കഴിച്ചോർ ഛർദ്ദിക്കൊന്നും വേണ്ട ആരോഗ്യത്തിന് ഉത്തമമാണ് ചിരിക്കാൻ പറയുന്ന പൊട്ടിക്കിടയിട്ട് എന്തിട്ട് കഴുകിയത് കുമ്മായിട്ട് കഴുകുകയല്ലേ മാംസം വേവിക്കുന്നതിന് മുമ്പ് വേഗം കുമ്മായം കലക്കി കുടിപ്പിക്കുകയാണ് കാളയെ നേരത്തെ കുമ്മായം കലക്കി കുടിപ്പിച്ചാൽ പ്രായമായ കാളയുടെ മാംസം ആ രക്തക്കുഴരുകളിലൂടെ കുമ്മായത്തിൽ കാൽസ്യത്തിന്റെ അംശം കടന്നു അവ വേഗം വെന്തു വികസിക്കും അപ്പോൾ ആ മാംസം ഇളതാവുകയും വേവിക്കുമ്പോൾ കൂടുതൽ വേഗത്തിൽ വേവുകയും ചെയ്യുകയാണ് കാരണം വെച്ചാൽ അതിനെ കാളയുടേതല്ലെന്ന് പറഞ്ഞ് വിൽക്കാൻ പറ്റും അത് പ്രോസസ്സൊക്കെ ഞാൻ പറഞ്ഞത് എല്ലാ പണിയും കഴിഞ്ഞാലേദിക്കാവും അതുകൊണ്ട് പ്രോസസ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം തെറ്റു പോന്നുമില്ല മേടിക്കണ്ട അച്ചു പിഴച്ചാലേ ഇത് പിഴക്കും അപ്പൊ നിങ്ങള് പോയി മേടിച്ച് ഭാര്യയും പിള്ളേരും കഴിച്ച് വീട്ടിലിരിക്കുന്ന കളവനും കിളപ്പിക്കുമ്പോൾ ഓരോന്നും കൊണ്ടോ കൊടുക്കുമ്പോ രണ്ടാഴ്ച കഴിയുമ്പോൾ ചിലപ്പോ അവിടെ ട്യൂമറായി കൊണ്ടുപോകുമ്പോൾ ഈ ഇതിനകത്ത് കിടക്കുന്ന ഒരുപാട് തരം കോളണി ബാക്ടീരിയ കോളണി വൈറസ് അതൊന്നും വേവില്ല അതൊന്നും ചത്തുപോകൂല പ്രത്യേകിച്ച് കരളിലും വെച്ചു വെട്ടുന്ന സ്ഥലങ്ങളിൽ ചെറിയ കുഴികളും അവിടെ വെള്ളം നിൽക്കുകയും നിയമം അനുസരിച്ചാണെങ്കിൽ രക്തം വീണാൽ പോലും അത് പറ്റി പിടിക്കില്ലാത്ത കറ പറ്റില്ലാത്ത മനസ്സിലായില്ല അതുമല്ലെങ്കിൽ അറവുശാലകളിൽ അടിക്കേണ്ട പെയിന്റ് പിത്തിയിലും തറയിലും അടിക്കേണ്ട പെയിന്റ് ലിറ്ററിന് ഒരു സ്ക്വയർ ഫുട്ട് അടിക്കാൻ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ വേണ്ടതാ അങ്ങനെ ഇന്ത്യക്കാരനെ ഈ ഭക്ഷണം കഴിക്കാനാവില്ല മനസ്സിലായില്ല മനസ്സിലായില്ല ഈ വിളയ്ക്കൊന്നും തിന്നാനാവില്ല കാരണം പെട്ടെന്നാ വിലയുക മാംസ പദാർത്ഥങ്ങൾ മത്സ്യപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പഴയ പോലെ സൂര്യപ്രകാശത്തിലാണെങ്കിൽ പഴയ അണുക്കളും പോവും സൂര്യപ്രകാശത്തിലല്ല ഇന്ന് മത്സ്യം വലിയ ടാങ്കുകൾ കെട്ടി അതിനകത്ത് ഉപ്പ് മത്സ്യം ഉപ്പ് മത്സ്യം അതിനിടയിൽ പുഴുവരാതിരിക്കാൻ അല്പം ഫുറിഡ അല്ലെങ്കിൽ എൻഡോസൾഫന്നാൽ കാണിച്ചു തരാം സംശയമൊന്നും വേണ്ട ആരും എണ്ണ കൂടവും ചെലവ് നിങ്ങൾ മാത്രം യാത്രയുടെ അത് കഴിഞ്ഞ് വെയിറ്റ് വയ്ക്കുമ്പോൾ ഇതിനകത്തുള്ള ജലാംശം മുഴുവൻ ആ ഉപ്പിനോട് കൂടി ഒഴുകിവരുന്നത് വേറൊടുത്ത് കളക്ട് ചെയ്യും ആ ജലത്തിന് വലിയ വിലയാണ് അങ്ങനെ ആ വേറ്റ് താന്ന് ജലാംശം മുഴുവൻ പോയി കഴിയുമ്പോൾ ഉണക്ക മത്സ്യമായി നിങ്ങളുടെ വീടുകളിൽ എത്തും അല്ലാതെ പഴയപോലെ വെയിലത്തിട്ടുണങ്ങല്ല ഇതും അറിയില്ല നീ തിന്നും ഇതൊന്നും അറിയില്ല തിന്നാതെ ഞാൻ മേടിച്ച് കഴിക്കുമ്പോഴൊക്കെ ഇല്ലെന്ന എന്നിട്ട് രോഗമൊന്നും ഉണ്ടാവരുത് മക്ക കൊറിയൻ വരുന്ന ബിസ്കറ്റ് വാങ്ങിച്ചു കൊടുക്കും ശരിയല്ല കൊറിയൻ ബിസ്കറ്റ് കൊറിയന്നാണ് കൂടുതൽ ബിസ്കറ്റ് കൂടെ വരുന്നത് കറുമുറ അടിക്കാനായിട്ട് മേടിക്കും സാധനമാരും മറ്റൊക്കെ ചായയുടെ കൂടെ രണ്ട് ബിസ്കറ്റാണ് അടിക്കുന്ന കിളിമീനാണ് അടിച്ചേറ്റുന്നത് മനസ്സിലായില്ല എറണാകുളത്ത് തീരപ്രദേശത്ത് അവിടുത്തെ ആരോടും ചോദിക്കുക ഗുജറാത്തിലെ ഗദറിനെ കുറിച്ച് ലോക കോടീശ്വരന്മാരിൽ ഒരാളാണ് കൊടിയയിലെ ബിസ്കറ്റ് കമ്പനിക്ക് വർഷങ്ങളായി ക്രിമീൻ ബിസ്കറ്റിന് വേണ്ടുന്ന ഫലകങ്ങളായി അയക്കുന്നവനാണ് കിളിമിനൊരു പാത്രത്തിലേക്കിട്ട് അതിനുള്ള ചുറ്റുമുള്ള ദ്വാരങ്ങളിൽ മോളിൽ വെയിറ്റ് ചെയ്യുമ്പോൾ അതിലെ മാംസം ആ ദ്വാരങ്ങളിലൂടെ പുറത്തിയാടുകയും ആ അത് സ്ലാബുകളാക്കി മാറ്റുകയും ആ ആ സ്ലാബ് അയച്ചു കൊടുത്ത് അതാരിസ്കറ്റാക്കി വരികയും ചെയ്യുമ്പോൾ മനസ്സിലായില്ല ഗുജറാത്തിൽ പോയി വേണ്ട നിങ്ങളുടെ തീരപ്രദേശത്ത് അന്വേഷിക്കുക അറിയാത്തവരില്ല ഇന്ത്യക്കാർ ഉപയോഗിക്കാത്ത കിളിമിൽ അൻപത് പൈസ കിലോയ്ക്ക് സ്വീകരിച്ച് കോടീശ്വരൻ ആയിക്കഴിഞ്ഞ് മാത്രമാണ് ഈ മീൻ കൊടുത്ത മീൻപിടുത്തക്കാരറിഞ്ഞത് ഇയാൾക്ക് ബിസ്ക്കറ്റിനായിരിക്കുന്നതാണ് അത് ഒരു വളത്തിനാണെന്നാണ് അയാൾ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് അപ്പോഴവർ ആറ് രൂപയാക്കി ഇപ്പോൾ ആറ് രൂപയാണ് കിലോയ്ക്ക് ഇപ്പോഴത്തെ റേറ്റ് പ്രസന്റ് റേറ്റ് ബിസ്കറ്റ് ആയവരുപക്കിയില്ല ഒന്നും അറിയില്ല കേട്ട് ചെലവിൽ പോലില്ല Since the first time, we had to monastery and Era lazily asked how she taught biscuits, she started trying a vegetarian sais from what we i hadellt on like esseinking so we were going to be that a gift that came harder and that is all ബാക്ടീരിയകൾ മൈക്രോബുകൾ വൈറസുകൾ ഇവയൊക്കെ കൊന്തും അവ അപരിസംഖ്യേയങ്ങളാണ് ഒന്നോ രണ്ടോ അല്ല അവ അപകടകാരികളാണെന്ന് പറഞ്ഞുകൂട എന്താണെന്ന് വേശ അശുദ്ധമാകുമ്പോൾ മാത്രമേ അവ വരുന്നുള്ളൂ ശുദ്ധമായ സങ്കല്പങ്ങൾ ശുദ്ധമായ ജീവിതക്രമങ്ങൾ ഇവയുണ്ടെങ്കിലില്ല ഈ അണുകൾ ഒന്നും ശുദ്ധമായ സ്ഥലങ്ങളിൽ വർദ്ധിക്കുന്നില്ല ശുദ്ധജലത്തിൽ പെരുകുന്നില്ല ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കവലെ പോയി നിന്നാൽ സൂപ്പർ മാർക്കറ്റുകളുണ്ട് തൃപ്പൂണിത്തുറ പത്ത് കാണാം വെറുതെ മാറി കയ്യും കെട്ടിരിക്കുക അല്പം സമയമുണ്ടെങ്കിൽ തിരക്കില്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ നരലുകളുമായി അവിടെ വരുന്ന മനുഷ്യരെ നോക്കുക നിങ്ങളും അങ്ങനെയാണ് പോവുക വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു കുറുപ്പ് എഴുതിക്കൊണ്ട് പോയാലും അവിടെ ചെല്ലുമ്പോൾ കുറുക്കുമറകും മല്ലിയും മുളകും ഉലുവയും ജീരകവും ഒക്കെ മേടിക്കാനായിരിക്കും പോയത് അവിടെ എത്തിയുമ്പോൾ അവിടെ നിരത്തി വെച്ചിരിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്കതെടുക്കാനുള്ള സ്വാതന്ത്ര്യവും തന്നു കഴിയുമ്പോൾ നിങ്ങളുടെ കുറുപ്പ് പോക്കറ്റിൽ കിടക്കുകയില്ലാതെ പുറത്തേക്ക് പൊങ്ങുകയില്ല ഭാര്യ ഭർത്താവ് മകള് മകളുടെ ഭർത്താവ് മകളുടെ കുഞ്ഞ് എല്ലാം ഓടി നടന്ന് പെറുക്ക് കാണാം കൊട്ടയ്ക്കാത്ത ഏ ആ പെർക്ക് കാണാം പെറുക്ക് കാണും പെറുക്കീട് കാണാം ഒന്നും നോക്കാതെ പെറുക്ക് കാണാം ഇത് വേണമെന്ന് കുഞ്ഞ് കുറഞ്ഞു ഇത് കൂടിയേ തീരൂ അവിടുന്ന് ഒരു ഗ്രൂപ്പ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആ കിടക്കുകയാണ് തന്തയുടെയും കുഞ്ഞ് കുറെ എടുത്തിട്ടു തള്ള വേറെ കുറെ എടുത്തിട്ടു തന്ത മറ്റു കുറേ സാധനം എടുത്തിട്ടു ഈ എടുത്തിട്ടതെല്ലാം ഓരോ ചെറിയ പ്ലാസ്റ്റിക് കൂട്ടകളാണ് കണ്ടിട്ടില്ല എല്ലാം രണ്ട് സൈഡും മൂന്ന് സൈഡും പിൻ ചെയ്ത് അലങ്കാരത്തിൽ സാധനമൊക്കെ വെച്ച് അതിനകത്ത് തന്നെ എഴുതിയിട്ട് ഉപ്പേരിയോ മിക്സരോ ഒക്കെ അതിൽ ആ മിക്സറിൻ്റെ ഉപ്പേരിയുടെ എണ്ണ നനഞ്ഞ പേപ്പർ ഈ പേപ്പർ എവിടെയാണ് പ്രിന്റ് ചെയ്തത് ഈ പേപ്പർ എങ്ങനെയാണ് ഒരു കൈകാര്യം ചെയ്തത് എങ്ങനെയാണ് ഇത് കണ്ടിച്ച് അതിനകത്ത് കിട്ടത് ഈ ഇത് അതിനകത്ത് കിടന്ന് എണ്ണയിൽ നനയുമ്പോൾ ഈ പേപ്പറിൽ വൈറസുകളും അമിമകളും ബാക്ടീരിയകളും ഉണ്ടാകാം ഏത് ശുദ്ധമായ കണ്ടീഷനിലാണ് ഇവ നടച്ചിരിക്കുന്നത് ഒന്നും വിദ്യാഭ്യാസമുള്ളവന് അറിയേണ്ട ആവശ്യമില്ലാതെ ഒരു പ്രതികരണം എങ്കിലുണ്ട് അപ്പൊ നിങ്ങൾ അവിടെ പോയി നിന്ന് കണ്ടാലോ ഉഴുന്നോടെയും ഉണ്ണിയപ്പവും മിക്സ്റ്ററും കടലയും കപ്പലണ്ടിയും എല്ലാം ഈ ചെറിയ ചെറിയ ബാക്കറ്റുകളിൽ ഇങ്ങനെ എഴുതിയിട്ട പേപ്പറുകളോടുകൂടി വില എല്ലാം അതായത് പ്രിന്റുണ്ടാ മഷികളോടുകൂടി മുട്ടയും മീനും എല്ലാം അതിൽ പാചകം ചെയ്തതും പാചകം ചെയ്യാത്തതും പാചകം തയ്യാറാക്കി മീൻ വെട്ടിക്കഴുകിയതും ശരിയല്ല കഷ്ണങ്ങളാക്കി വെട്ടിക്കഴുകിയതും പാവക്കയും വെണ്ണക്കയും വഴുതനങ്ങയും മത്തങ്ങയും എല്ലാം അരിഞ്ഞിയലിനും സാമ്പാറിലും ഒക്കെ കഷ്ണമാക്കിയതും പ്ലാസ്റ്റിക് കൂടുകൾ അവയിട്ട അഞ്ച് പ്ലാസ്റ്റിക് കൂടുകൾ ഇട്ട വലിയൊരു അഞ്ചെണ്ണം ചേർന്നൊരു പ്ലാസ്റ്റിക് കൂട് മകൻ ഒരു സെറ്റ് എടുത്തു മകൾ വേറൊരു സെറ്റ് എടുത്തു അച്ഛൻ വേറൊരു സെറ്റ് എടുത്തു മൂന്നെണ്ണം ഒന്നിച്ചാക്കി അത് വലിയൊരു കൂടക്കാത്താക്കി ശരില്ല ശരിയല്ല അവസാനം രണ്ടു രീതിയിലും ഏർ വണ്ടിയെ അടുക്കിലേക്ക് വരുന്നവരെല്ലാം ഈ വലിയ പ്ലാസ്റ്റിക് കൂടും തൂക്കി വന്നിത് മുഴുവൻ വണ്ടിയെ കയറ്റി അവിടെ ചെന്ന് അവിടെ ചെന്നാൽ ഉടനെ പാത്രത്തിലേക്ക് മീൻ കഴുകി ചെരുപ്പെടുത്തി വെച്ചിരിക്കുകയാണെന്നോർ തടുപ്പിലേക്ക് വെള്ളമൊഴിച്ച് വെച്ച് ആ പ്ലാസ്റ്റിക് കൂട്ടിന്ന് കുടഞ്ഞിട്ട് പിന്നെ കഴുകണ്ട കഴുകാനായിരുന്നെങ്കിൽ വീട്ടിൽ വെട്ടി തേച്ച് എഴുപോലോ കഴുകാനുള്ള മടികൊണ്ടാണ് ഇത് വിടുന്നേ മേടിച്ചുകൊണ്ട് നിങ്ങൾ രണ്ടു പേർക്കുള്ള നീ കഴുകാൻ നിങ്ങൾക്ക് മടിയുണ്ടായിരിക്കുക ആയിരം പേർക്കുണ്ടാക്കിയത് മുഴുവൻ ഇവർ കഴുകുമെന്ന് വിശ്വസിക്കുന്ന ജീ ജീവിതത്തിൽ തൊഴിലിൽ കയറിയാൽ ശമ്പളം വാങ്ങിക്കുകയല്ലാതെ ലീവ് എടുക്കുകയല്ലാതെ ജോലി ചെയ്യേണ്ടെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ നിങ്ങളെപ്പോലുള്ള അവർ തൊഴിലിൽ കഴുകുമെന്നും വൃത്തിയാക്കി തരുമെന്നും വിശ്വസിക്കുന്ന ആ അന്ധവിശ്വാസം വിവരമുള്ളവനാണ് എന്ന് വിചാരിക്കുന്ന വിദ്യാഭ്യാസമുള്ള നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങളുടെ വിവരം എത്രയാണെന്ന് ഞാൻ ഇനി പറഞ്ഞറിയിക്കുന്നത് കഷ്ടമാണ് ശരില്ല <laughs> നല്ല <laughs> <laughs> ഇത് മുഴുവൻ പ്ലാസ്റ്റിക് കൂടുകളിൽ മേടിച്ച് ഈ മീനങ്ങ് കുടഞ്ഞിട്ട് ആ മീനിൻ്റെ വെള്ളവും മീൻ്റെ ഭാഗങ്ങളും ഇരിക്കുന്ന പ്ലാസ്റ്റിക് കൂട് പറമ്പിലേക്ക് ഒരു പച്ചക്കറി കൊണ്ടെന്നത് അങ് എരിഞ്ഞ് ഉപ്പേരി കൊണ്ടെന്ന് കുറഞ്ഞിട്ട് ഇതെല്ലാം കിടക്കുന്നതിൽ വെള്ളം വന്ന് നിൽക്കുമ്പോൾ ആ മാലിന്യങ്ങളിലാണ് ഈ കൃമികളും അണുക്കളും ബാക്ടീരിയകളും ഫംഗസുകളും അതിനുള്ള മീഡിയം കണ്ടെത്തിരുവാാന്തരം പ്രാപിച്ച് വളർന്നു പെരുകി വന്ന് നിങ്ങളെയും നിങ്ങളുടെ സന്തതി പരമ്പരകളെയും നിത്യലോകത്തിന്റെയും നിത്യ ദുഃഖത്തിന്റെയും ലോകങ്ങളിലേക്ക് എത്തിക്കുന്നതെങ്കിൽ ആ ദൈവബല പ്രവൃത്തങ്ങളായ ഈ ദുരിയോഗങ്ങളെ ഉന്മൂലനം ചെയ്യുവാൻ അറിവും ധൃതിയും സ്മൃതിയും ധീയും നിർമ്മലമായിരിക്കുന്നവന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അറിഞ്ഞില്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന്റെയും വൈദ്യവിശാരകന്മാരുടെയും വളർച്ചയും പെരുക്കവും എത്ര കൂടിയാലും നിങ്ങളെ ആരോഗ്യത്തിലേക്ക് നയിക്കുവാൻ അവ പര്യാപ്തമാവുകയില്ല ശുമായി മരുന്നുകൾ വാങ്ങിക്കാനും രോഗം പോകാൻ ആരോഗ്യം കുറെ കാശുമെടുത്ത് മേടിക്കാനും ഒക്കെ ഓടി നടക്കുന്നതിന് മുമ്പ് ആകവും കുറവും വിശുദ്ധമാക്കുക ബാഹ്യാഭ്യന്തര ശുചിത്വത്തിൽ നിന്നാണ് ആരോഗ്യത്തിന്റെ ആദ്യ തലങ്ങളിലേക്ക് മാനവൻ കയറുന്നതെന്ന് ദൈവബല പ്രവൃത്തത്തിലെ പിശാചാതി കൃതങ്ങളായ രോഗങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് ബോധ്യപ്പെടും ആകമാനവൻ ഇന്ന് നടത്തുന്ന ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും ഈ പിശാചാതി കൃതങ്ങളായ രോഗങ്ങളെ ഉന്മൂലനം ചെയ്യുവാൻ ആ പിശാചങ്ങളെ മുഴുവൻ കൊല്ല മരുന്നുകൾ കണ്ടുപിടിക്കുക അവയിലും ജീവനാണ് ഇരിക്കുന്നത് അവ ആ മീഡിയം ഉണ്ടാകുമ്പോഴെല്ലാം സ്വയമേവ ഉണ്ടാകുവാനും സ്വയമേവ പരിണമിക്കുവാനും സ്വയമേവ വർദ്ധിക്കുവാനും കഴിവുള്ളവയാണെന്നിരിക്കെ അവയെ ഭൂലോകത്ത് നിന്ന് പറപ്പിക്കാമെന്ന മാനവന്റെ വ്യാമോഹം കൂടുതൽ രോഗങ്ങളിൽ ഉണ്ടാകും ഇന്റർ നാപ്പിന്റെ വെബ്സൈറ്റുകളിലൂടെ നിങ്ങൾ കടന്നു കൂടുതൽ മനസ്സിലാവും ഇന്ത്യയിൽ ഒട്ടിസവും ഇന്ത്യയിൽ ബുദ്ധിമാന്യവും ഇന്ത്യയിൽ പോളിയോയും കൂടുതലായി ഉണ്ടാകുന്നത് പോളിയോ വാക്സിനിൽ നിന്ന് മാത്രമാണ് ഗവൺമെന്റിനെ ഓർമ്മപ്പെടുത്തുവാൻ പലവട്ടം ശ്രമിച്ചിട്ടും ഇന്ത്യ ഗവൺമെന്റ് ചെരിക്കൊള്ളാതിരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ജനങ്ങളെങ്കിലും ചെവിക്കൊള്ളേണ്ടതാണെന്ന് തൻ്റെ വെബ്സൈറ്റുകളിലൂടെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു വെബ്സൈറ്റിന്റെ അഡ്രസ്സ് ഇപ്പ എനിക്ക് ഓർമ്മയില്ലെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ കൂട്ടുകാര കൈനോക്കിയാൽ എന്നിട്ട് നോക്കിയാ അയാളുടെ വെബ്സൈറ്റിലാണ് അറിവിന്റെ വലിയ ലോകങ്ങൾ കിടക്കുന്നത് അയാൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഗവൺമെന്റിനോട് നിങ്ങൾ ആവശ്യപ്പെട്ട താജ്മഹൽ തുറപ്പിക്കാനാണ് അതിൻ്റെ ആദ്യകാലം മുതൽ കൂട്ടിയിട്ട മുറികൾ ഈ രാജ്യത്തിലെ ഓരോ പൗരനും അതിനകത്ത് എന്ത് രഹസ്യമാണ് ഇരിക്കുന്നതെന്നറിയാൻ അധികാരമുണ്ടെന്നും അതുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ട് തുറപ്പിക്കൂ ഞാനൊരു വിദേശിയാണ് ഞാൻ എങ്ങനെയാണ് തുറക്കാൻ പറയുക നിങ്ങൾ ആവശ്യപ്പെടൂ അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയുടെ ചരിത്രത്തിലെ നിർമ്മമങ്ങളും നിർണായകങ്ങളുമായ നിമിഷങ്ങളെ ബോധ്യപ്പെടുമെന്നാണ് അയാൾ അവകാശപ്പെടുന്നത് ഇങ്ങനെ ഒരു വിദ്വാനപറ്റില്ല